ഈ ജന്മം എന്താണെന്നും അടുത്ത ജന്മം എന്തോന്നാകാൻ പോകുന്നു എന്നുള്ളത് കാര്യങ്ങളെല്ലാം വിശദമായി വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ശാസ്ത്രം ഇത് മാത്രമേ ഉള്ളൂ ഇത് കാലം എത്രയോ ജന്മങ്ങളിൽ നിങ്ങൾ തയ്യാറാക്കി എടുത്തിരുന്നിരിക്കണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി അന്നൊന്നും സാധിച്ചില്ല ഇപ്പോഴ് കുട്ടികളുടെ പ്രായമെല്ലാം കഴിഞ്ഞിട്ട് അക്കാഡമിക് എഡ്യൂക്കേഷൻ്റെ വിദ്യാർത്ഥികളുടെ പ്രായം കഴിഞ്ഞിട്ട് ഈ സമയത്താണ് ഓരോരുത്തർക്കും ആ പുണ്യം ലഭിച്ചിരിക്കുന്നതെന്നർത്ഥം ആ പുണ്യം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇത് പഠിക്കാൻ സാധിക്കും ഇത് പഠിക്കുന്നതിൽ കൂടെ പരമാം ഗതി എന്നാണ് മുക്തി കിട്ടുമെന്നാണ് ഈ ശാസ്ത്രത്തിൻ്റെ വേറൊരു സവിശേഷത നമ്മൾ വ്യവഹരിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾക്ക് പുറമേ മോക്ഷവും കൂടെ കിട്ടും എത്രയോ ആളുകൾ ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്ന ഹഡയോഗം മുതലായ യോഗങ്ങളെല്ലാം ചെയ്തിട്ട് എന്തോന്നിനെയാണോ കാക്ഷിച്ചിരിക്കുന്നത് അത് ഈ ജ്യോതിഷശാസ്ത്രം ഗ്രഹിച്ചാൽ ഉടനെ തന്നെ ഈസിയായിട്ട് കിട്ടും എന്നർത്ഥം എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആദ്യം മൊത്തം മംഗള ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതാണ് മോക്ഷഗതിയെ പറ്റിയാണ് മോക്ഷത്തിനെ പറ്റിയാണ് അതുകൊണ്ട് ഈ ശാസ്ത്രം വളരെ നിസ്സാരമായിട്ട് എടുക്കരുത് ഒരു വർഷം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചാരും പഠിക്കണ്ട കുറേ കാലം ഇവിടെ എൻ്റെ ക്ലാസ്സിലുള്ള മറ്റ് സീനിയർ ആളുകളെല്ലാം 10 വർഷം പതിനാല് വർഷമൊക്കെ ആയവരാണ് ഇരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ചെന്ന് ഒരു ബോർഡ് വച്ച് ജ്യോതിഷാലയം എന്ന് എഴുതി വച്ചിട്ട് പൈസ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാരും പഠിക്കണ്ട ഈ ശാസ്ത്രം നല്ലവണ്ണം മനസ്സിലാക്കാനുള്ള ആ ശ്രമം ചെയ്താൽ ഈ ശാസ്ത്രം ധർമ്മം അർത്ഥം മോക്ഷം യശസ് ഈ നാല് കാര്യങ്ങളും മോക്ഷം അഗ്രിയം യശസ്റ്റ എന്നാണ് അഗ്രിമസ്ഥാനം ഇവിടെ ചെന്നിരുന്നാലും ഒരു ഉയർന്ന സ്ഥാനം കിട്ടും മോക്ഷം മാത്രമല്ല കിട്ടുന്നത് അർത്ഥം മോക്ഷം യശസ് പിന്നെ അഗ്രിമസ്ഥാനം ഇതെല്ലാം കിട്ടുമെന്നർത്ഥം അതുകൊണ്ട് അതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇവിടെ ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് ക്ലാസ് ഉള്ളത് ആ ക്ലാസ്സിലെ പ്രശ്ന ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് ചൊവ്വയും ബുധനുമാണ് മറ്റുള്ള ദിവസങ്ങളിലാണ് രണ്ട് ദിവസം ആയ പുതിയ ആളുകൾക്ക് രണ്ട് ദിവസത്തെ ക്ലാസ് അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മുടെ സെക്രട്ടറി പറയുന്നതായിരിക്കും ഏതായാലും ഈ ശാസ്ത്രം പഠിക്കാൻ യോഗ്യരായിട്ട് ആഗ്രഹമുള്ളവരായിട്ട് പുണ്യം ചെയ്തവരായിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അനുഗ്രഹം നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം ചിരുക്കുന്നു